അപ്പോഴാണ് ഇവനും നെടുവിൽപ്പെട്ട് മര്യാദയ്ക്ക് ചാരികസേനല്ലോന്നിരിക്കുന്നത് ഔ സമാധാനമായി ഒരു അംഗം കഴിഞ്ഞു ഞാൻ പറഞ്ഞത് ചിലരുടെ തല ഉലുക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റിയിരിക്കും ഞാൻ പറഞ്ഞത് ഇതാണ് പ്രശ്നം വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ് ചികിത്സാശാസ്ത്രത്തില് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപജിയുടെയും ഒക്കെ ലക്ഷണങ്ങൾ ലുഖിമിയുടെ പല വകഭേദങ്ങളിലുമുണ്ട് ആധുനിക ഒക്കെ പല പേരുകളിൽ ഇട്ടിരിക്കുന്ന വഴിയുടെ ആ പേരിൽ ആയുർവേദിക്കാണില്ല അപ്പൊ ആ ദിശയിൽ ണ്ടെങ്കിൽ രോഗനിർണയത്തിന് സഹായിക്കുന്ന മാനങ്ങൾ അവിടെയുണ്ട് കുറെ ക്യാൻസറുകളെങ്കിലും ഗ്രന്ഥിയിൽപ്പെടും ഗ്രന്ഥി എന്ന് പറയുമ്പോ അത് ക്യാൻസറസ് ആയിട്ടുള്ള മലിഗ്നന്റും മലിഗ്നന്റ് അല്ലാത്തതും ബെനയും ട്യൂമറും പെടും ബനയും ട്യൂമറുകളിൽ വാർദ്ധക്യം കടന്നുവരില്ല ക്യാൻസറസ് ട്യൂമറുകളിൽ വാർദ്ധക്യം പെട്ടെന്ന് വരും അഞ്ചു വയസ്സുള്ളൊരു കുട്ടിയെ അവൻ്റെ അനുഭവങ്ങളുടെ ലോകങ്ങളിലും അവന്റെ കോശങ്ങളുടെ ലോകങ്ങളിലും അകാലമായ വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു ഈ ലോകം എന്നത് പ്രത്യേകതയാണ് ഇത് നമുക്ക് കോശപഠനങ്ങളെ വെച്ച് വിസ്തൃതമായി പഠിക്കാം താല്പര്യമുണ്ടെങ്കിൽ പുറകെ അർബുദത്തെ പഠിക്കുമ്പോ കോശത്തിന്റെ ഈ പ്രത്യേകത കോശ വിസ്മയം ഫൈനൽ എഫ് സി ഡി സി ഇൻ വൈവോ ഇൻ വിതോജനസിൽ വളരെ നിർണായകമായ പഠനമാണ് ിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ വാർദ്ധക്യത്തിന്റെ ആഗമനമാണ് ഇത് ഭ്രൂണം മുതൽ കോശം വിഭജിച്ചു വരുന്നതിൻ്റെ എൻസല്ലായും ഡിവൈ ഡിവൈഡ് ചെയ്ത് കയറിപ്പോകുന്നതിൻ്റെ ഒരു വലിയ രോഗമുണ്ട് ഒരടിക്കി ഇല്ലെങ്കിൽ നമുക്ക് വിശദമായി പഠിക്കാം പുറകെ ഇപ്പൊ ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ ഓരോടിക്കുമെന്ന് തോന്നിയാൽ പഠിക്കരുത് കാരണം ഇതൊന്നും എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ സാധനങ്ങളല്ല ഏ ഞാൻ ഇപ്പോൾ വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ ഒരു സെല്ലിനകത്ത് നടക്കുന്നത് എന്താണ് എന്ന് ഒരു വിഭാഗം ആളുകളാണ് പഠിക്കുന്നത് അതിൻ്റെ മതോജിനിസിസുമല്ല വേറൊരു വിഭാഗമാണ് മരുന്നുകൾ ഉണ്ടാക്കുന്ന ലോകങ്ങളിൽ നിൽക്കുന്നത് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഭാഗമാണ് ഇതിൻ്റെ കച്ചവട രംഗങ്ങളിൽ നിൽക്കുന്നത് ഞാനൊരു മെഡിക്കൽ കമ്പനിയുടെ ഓണറും ഞാനൊരു വലിയ കച്ചവടക്കാരനുമായി രംഗത്തെത്തി കുറേ മൈക്രോബയോളജിസ്റ്റുകളെയും ബയോ കെമിസ്റ്റുകളെയും അപ്പോയിൻറ് ചെയ്ത് അതിന് ആവശ്യമായ സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയെയും പിടിച്ച് അതിൽ പരിനിഷ്ണാതന്മാരായ കുറെ ഉദ്യോഗസ്ഥന്മാരെയും നിർത്തി എൻ്റെ പരീക്ഷണത്തിൻ്റെതായ സത്ബലങ്ങളെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വിവച്ഛേദിച്ചറിഞ്ഞ് അതിനെ ഡബിൾ ബ്ലൈൻഡ് ടസ്റ്റ് വരെ എത്തിച്ച് ഗിനിപ്പന്നിയിൽ വെള്ളലിയിലൊക്കെ കിടത്തി ഡബിൾ ബ്ലൈൻഡ് ടസ്റ്റ് വരെ എത്തിച്ച് അത് പരീക്ഷണം ഫലപ്രദമാണെന്ന് ലോകരോട് പറയാൻ ഭാഷാചാതുര്യമുള്ള എക്സിക്യൂട്ടീവ് നിയോഗിച്ച് ഈ കണ്ടെത്തിയ കാര്യങ്ങളെ മുഴുവൻ സിസ്റ്റമറ്റൈസ് ചെയ്ത് ഡയഗ്രാംസ് ആക്കി അതിനെ അതിൻ്റെ ഗ്രാഫിക്കൽ നൊട്ടേഷൻസ് എല്ലാം ശരിപ്പെടുത്തി അത് ഇത്ര ഫലപ്രദം ഇത്ര ഫലപ്രദമല്ല എന്ന് വർഗീകരിച്ച് അതിനെ ഡോക്ടർമാരെ പോയി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് മരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ആദ്യം മുടക്കുന്ന പണം മുഴുവൻ എൻ്റെ വരിക മനസ്സിലായില്ല ഇനി നിങ്ങളിൽ ഒരാളാണ് ഈ രംഗത്ത് നിൽക്കുന്നതെന്ന് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ശമ്പളം അഡ്വാൻസായി കൊടുത്ത് ഒരു രൂപയോ രണ്ട് രൂപയോ അല്ല ഒരു മൈക്രോ ബയോളജിസ്റ്റിൻ്റെയും ഒരു മോളിക്കുലർ ബയോളജിസ്റ്റിൻ്റെയും ഒരു ബയോ കെമിസ്റ്റിൻ്റെയും ഒരു ജെനറ്റിക്സിൻ്റെ ചിന്തകൻ്റെയും ഒക്കെ ശമ്പളം എന്ന് പറയുന്നത് ഇന്ന് കാലാനുസൃതമായി വളരെ വലിയ തുകകളാണ് പറമ്പ് കളയ്ക്കാനൊരുത്തനെ വിളിച്ച് ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കുമ്പോൾ വേദനയോടെയാണ് കൊടുക്കുന്നത് അവൻ കളച്ചിട്ട് കഴിക്കാൻ പത്ത് കാച്ചിലോ ജേനയോ ഉണ്ടാകുന്നുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ല ഇതൊന്നും ഉണ്ടായില്ലെങ്കിലും മന്തിലി ഉള്ള ശമ്പളം കുറയാൻ പറ്റില്ല അവൻ്റെ ടസ്റ്റീവുകളിൽ നിന്ന് കുറെ പുകയോ പൊടിയോ പൊന്തുമ്പോൾ അതിന് വേണ്ടുന്ന പുകയ്ക്കാനും പൊന്തിക്കാനും വേണ്ടുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് മനസ്സിലായില്ല പുകയും പൊടിയും പൊടിപടലങ്ങളുമായി പോകുന്നതിന് അത്രയും ഞാൻ അഡ്വാൻസായി ചെലവഴിച്ച് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ശരിപ്പെടുത്തി അതിലെ പരീക്ഷണങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലേക്കും പണം കൊടുത്ത് ഒരു മരുന്നിനെ പരീക്ഷിച്ചറിഞ്ഞ് അത് ഗിനിപ്പന്നി വെള്ളലി മുതലായവയിൽ പരീക്ഷിച്ച് ലക്ഷങ്ങൾ ചെലവാക്കി കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജിൽ ഇൻ വൈബോയിൽ ഇൻ വിട്രോയില് ആ മരുന്ന് ഫലപ്രദമല്ല എന്ന് കണ്ടെത്തുന്നതായി വന്നാൽ ആരാണി രംഗത്ത് പണം പരീക്ഷണം നടത്താനും കണ്ടെത്താനും പോവുക നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തനതിന് തയ്യാറാവുമോ എങ്കിൽ മറ്റവൻ അതിന് തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കാം ഞാൻ കാശുണ്ടെങ്കിൽ അതിന് തയ്യാറാകുന്നു സ്വാമി എന്ന് പറയാവുന്ന ഒരുത്തൻ കൈപൊക്കിയാ മതി അതിന് അല്ല ചൊറിയുന്ന വ്യാജേന ഞാൻ പൊക്കിയിരുന്നു എന്ന് പറയാ കേരളത്തിലെ പൊക്കന്മാരൊക്കെ മഹാസൂത്രശാലികളാണ് അതിലെങ്ങാനും പെടുമോന്നറിയാൻ ചോദിച്ച മനസ്സിലായില്ല യും രൂപ കടത്തിയപ്പോൾ അമ്പതോ അറുപതോ രൂപ കൂടുതൽ കൊടുത്ത് ഇത് ഫലപ്രദമാണെന്ന് എഴുതിയൊപ്പിക്കുവാൻ ശാസ്ത്രജ്ഞനെ വിനിയോഗിക്കുമോ അതല്ല ശാസ്ത്രജ്ഞന്റെ കേവലമായ സത്യത്തെ വളർത്താൻ പണം പോട്ടെ ദൂരോട്ടെടുത്ത് കള അടുത്തത് പരീക്ഷിക്കാമടാ എന്ന് പറയുമോ ഒരു കച്ചവടക്കാരൻ സ്വകാര്യമാണെങ്കിൽ ഗവൺമെന്റിന്റെ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ജനങ്ങളുടെ ഗുണമാ അടുത്ത പരീക്ഷണത്തിന് വഴിയായല്ലോ കുറെ കൂടെ ചെലവഴുതാം പോട്ടട അത്തക്കോട്ടൊരുക്കും ശരിയല്ല നിങ്ങൾ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ഏതെങ്കിലും സ്ഥാപനം ഞാനോ നിങ്ങളോ ആവട്ടെ ആ നഷ്ടത്തെ കേവലമായൊരു സ്നേഹത്തിന്റെ പേരിൽ സഹിക്കുവാൻ തയ്യാറാകുന്ന വിധത്തിൽ ഒരു വിദ്യാഭ്യാസവും ഒരു സംസ്കാരവും ഒരു മനുഷ്യ സ്നേഹവും ും നിങ്ങക്കുമുണ്ടോ പിന്നെ മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കണം എന്റെ ചോദ്യം സങ്കീർണമാണ് ഇവിടുന്ന ഈ മരുന്നുകളെല്ലാം വരുന്നത് ഇപ്പൊ കോറിലേറ്റഡ് അല്ല പലപ്പോഴും പല മേഖലകളിലും കടന്നു കഴിഞ്ഞാൽ വളരെ സങ്കീർണവും ദുരൂഹവുമാണ് വൈദ്യശാസ്ത്ര നാം അറിയുന്നതിനേക്കാളല്ല നാം പഠിച്ചിട്ടുള്ളതിനേക്കാളല്ല നാം സങ്കല്പിക്കുന്നതിനേക്കാളല്ല അതുകൊണ്ട് പഠിക്കാതിരിക്കുകയാണ് പഠിക്കാതിരിക്കുകയാണ് നല്ലത് വളരെ അപകടകരമായ ോകത്തിന് മരുന്നിറങ്ങുമ്പോൾ ഇത്രയും മരുന്നുകൾ ഇത്രയും രൂപകൾ മുടക്കി വാങ്ങിച്ചു കഴിച്ച ഇത്രയും പരീക്ഷണങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളുടെയും അതിന്റെ ഭാവതലങ്ങളുടെയും മാനസികാവസ്ഥകൾ മുഴുവൻ ശാസ്ത്രം എന്താണെന്ന് അറിയില്ലെങ്കിലും എൻ്റെ നാട്ടിലെയാണെന്നും എൻ്റെ നാട്ടുകാരുടെയാണെന്നും എൻ്റെ മക്കൾ പോയി പഠിച്ചതാണെന്നും അഭിമാനിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും അവൻ ആ ശാസ്ത്രത്തോടുള്ള ഒരു അന്ധവിശ്വാസം അവൻ്റെ തന്നെ മറ്റൊരു മകനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടും ശാസ്ത്രമാണ് ജയിക്കുന്നതെന്ന് പറയാൻ ബാധ്യസ്ഥത ഉണ്ടാക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല നിങ്ങൾക്ക് സഹിക്കാനാവില്ല കടന്ന കൈയ്യാണ് എങ്കിലും അല്ലേ കുറച്ച് കടന്ന കൈയ്യാണ് ഇങ്ങനെ പറയുന്നത് എന്നിരുന്നാലും ശരിയാണ് അല്ലേ എന്നിരുന്നാലും ശരിയാണ് നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഒട്ടേറെ ഗ്രന്ഥികൾ അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞത് മലിക്കുന്ന ആയിട്ടുണ്ടാവും മലിക്കിനൻ്റ് അല്ലാതെ ഉണ്ടാവും മലിഗ്നൻ്റ് ആയിട്ടുള്ളത് ക്യാൻസറസ് ആണ് അല്ലാത്ത ബെനൈൻ ട്യൂമറസ് ഉണ്ടാവും അവയും ഗ്രന്ഥി എന്നാണ് പറയുക ആ ഗ്രന്ഥികളിൽ മലിക്കൻ്റ് ആണെങ്കിൽ കഴിക്കുന്ന ആഹാരമൊക്കെ ഗ്രന്ഥി വേറൊരു അവാന്തര പരിണാമത്തിലേക്ക് നയിക്കും മനസ്സാകെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദത്താലും ഒരു ഭാഗത്ത് രോഗത്താലും വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴും തര തന്റെ തിരോധാനത്തിന്റെ സങ്കല്പങ്ങൾ കോശ വ്യാപിക്കും അംഗക്കളരിയിൽ നിന്ന് അംഗം വിട്ടൊഴിയാൻ കോശങ്ങൾ തീരുമാനമെടുക്കും ില് അകാലർദ്ധക്യം ഒരു വലിയ പ്രഹേളികയാണ് അറിയാതെ തന്നെ ഉണ്ടാവും ഈ വാർദ്ധക്യം വരും അതുകൊണ്ടാണ് വൈദ്യന്മാർ ഈ കോശത്തിന്റെ ഡബിളിംഗ് പ്രോസസ്സിലേക്കാ മരുന്ന് കൊടുക്കേണ്ടത് അവിടെ ഇത്തരം കോശങ്ങളെ നശിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ആ യുദ്ധപ്രഖ്യാപനത്തിൽ ബാഹ്യമായ ശാസ്ത്രം ഈ അപ്നോർമൽ ആയിരിക്കുന്ന കോശങ്ങളെ അതായത് ഡബിളിങ്ങിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മൃത്യുവിലേക്ക് പോകാൻ രോഗിയെ പ്രേരിപ്പിക്കുന്ന കോശങ്ങളെ ഏറ്റുമുട്ടി ആ കോശങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് മുക്തമാക്കാം എന്ന സങ്കല്പത്തിലാണ് ചികിത്സാശാസ്ത്രം വികസിക്കുന്നത് ബലമോ അതിനേക്കാൾ ശക്തിയിലാണ് തിരിച്ചു അതിന്റെ ആദ്യത്തെ ചികിത്സയുടെ ആദ്യത്തെ പാദത്തിൽ സഹിക്കാൻ കഴിഞ്ഞ സഹനം രണ്ടാം പാദത്തിൽ സഹിക്കാൻ വയ്യാതാകുന്നു മനസ്സിലായില്ല ക്യാൻസർ രോഗികളെ കണ്ടിട്ടുണ്ടോ ഇല്ല അതിന്റെ ആദ്യപാദം ഒരു തരത്തിൽ പിടിച്ചു നിൽക്കും രോഗി അതിൽ വളരെ രസകരമായൊരു മാത്തമറ്റിക്സ് ഉണ്ട് ഇന്ത്യക്കാരന് മാത്തമറ്റിക്സ് അതിന്റെ പൂർണതയിലെത്തുന്നത് ലോകത്ത് മാത്തരാളിയെ തകർക്കാൻ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ അറിയാവുന്നത് ഇന്ത്യ കാരണം നിങ്ങളുടെ മന്ത്രിമാരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വിവരണങ്ങൾ വായിച്ചാൽ ഇപ്പോൾ ജയിലുകൾ ഫുള്ളാണ് അതുകൊണ്ട് ഉച്ചവാളികൾ പുറത്തില്ല ജയിലിൽ കുറ്റവാളികളാണ് കിടക്കുന്നത് എന്ന് അവര് പറഞ്ഞിട്ടില്ല ആ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ജനത്തെ കളിപ്പിക്കാൻ പറ്റും മനസ്സിലായില്ല ഏ ജനങ്ങൾ ഒരുമാതിരി ബോധവുള്ളവരെല്ലാം അകത്താണ് ഇന്നത്തെ പത്രം വായിച്ചാൽ ആണ് കുറ്റവാളിയായിട്ട് രംഗത്ത് ഞാൻ തോന്നൂട്ടെ The statistics are very important. Like, lies, damn lies and statistics. This is a matter of time. There is a question. How many things that we are living in the world, living in the world and living in the world, living in the world, living in the world, living in the world, living in the world, െത്തുന്നത് അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപരതന്ത്രുന്നത് കോശങ്ങൾ എത്രയുണ്ട് അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവയുടെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ് അവ എങ്ങനെയെല്ലാം പാവതലങ്ങൾ ഉളവാക്കുന്നു എന്ന് നോക്കാതെ നമ്മൾ പലപ്പോഴും പല നിഗമനങ്ങളിലും എത്തും അപ്പൊ ഒരാളെ കൊണ്ടുപോയി ഇത്ര കോശങ്ങൾ ക്യാൻസറസ് ആണ് അതിലെ തൊണ്ണൂറ്റി ശതമാനവും ിട്ടുണ്ട് ഒരു ശതമാനം നിൽക്കുന്നുണ്ട് എന്ന് പറയാഡ് മില്യൺ കോശത്തെയാണ് ക്യാൻസർ ബാധിച്ചിരുന്നത് അതിലെ തൊണ്ണൂറ്റിയമ്പത് ശതമാനവും റേഡിയോതെറാപ്പിയിൽ കരിച്ചു കളഞ്ഞു ഒരു എന്ന് പറയുമ്പോൾ എത്ര കോശമുണ്ട് ഹൺഡ്രഡ് മില്യൻറെ ഒരു ശതമാനം വൺ മില്യാണ് മനസ്സിലായില്ല നമ്മൾ ഈ ശതമാനത്തിൽ നമ്മളോട് പറയുമ്പോ വിചാരിക്കുന്ന ഒരെണ്ണയും അവിടെ ബാക്കി ഇരിക്കുന്ന പിടിയിട്ടില്ല ഇവൻ ധാരാളം മതി കാരണം ഇതിന്റെ പ്രശ്നങ്ങൾ അതാണ് നൂറ് കോശങ്ങൾ ബില്യൺ നോട്ട് മില്യൺ അത്രയും കോശങ്ങൾ ഓരോന്നും ആയിരം മുതൽ പതിനായിരം വരെ സിനാപ്സുകൾ ഉള്ളവ കലകൾ ഉള്ളവ മസ്തിഷ്കം മാത്രം എടുത്താൽ ഇത്രയും സാധനം മാത്രം എടുത്താൽ അതിനകത്ത് ൾ ഓരോന്നും ആയിരം മുതൽ പതിനായിരം വരെ വൈദ്യുത സർജനത്തിന് അതിനകത്ത് കണക്ഷൻ ഏതാണ്ട് ഹൺഡ്രഡ് ട്രില്യൺ കണക്ഷൻസ് ആണ് മനുഷ്യ ചിന്തക്ക് ഒരിക്കലും പറ്റാത്ത കണക്ഷൻ ഈ ഹൺഡ്രഡ് ട്രില്യൻ കണക്ഷൻസ് ഏതാണ്ട് മുന്നൂറ് മില്യൺ അടി വയറിംഗ് മസ്തിഷ്കത്തിന്റെ ഒന്നരക്കാൽ ഓളിയമാണ് ഒരു അരയരക്കാൽ ഓളിയം എടുത്താൽ മുന്നൂറ് മില്യൺ ട്രില്യൺ അല്ല മുന്നൂറ് മില്യൺ അടി മുന്നൂറ് മില്യൺ ഫീറ്റ് വയറിംഗ് ഉണ്ടായതാണ് അത്രയും വിപുല നമ്മളീ ചില്ലറ സാധനമല്ല പൊട്ടേതമ്പുരാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു സിനാക്സിലെ ചിന്ത പോലും നമ്മൾ ശ്രമിച്ച എളുപ്പം മനസ്സിലാക്കാവുന്നതല്ല വിനയപൂർവ്വം സമീപിക്കാവുന്നത് മാത്രമാണ് ഈ കോശങ്ങൾ സമാനങ്ങളായ ആറ് ലെയറുകൾ പടലങ്ങൾ സന്ദേഹമുണ്ടാക്കുന്ന തരത്തിൽ വിന്യസിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ശരി അല്ല തെറ്റ് ഏ അല്ല ഇങ്ങനെ സദാ സന്ദേഹം ജനിപ്പിക്കുന്ന തരത്തിൽ ആണ് ഇവയെ വിന്യസിച്ചിരിക്കുന്നത് ഈ പഠനങ്ങൾക്കുള്ളിലാണ് കാഴ്ച കേൾവി സ്പർശനം ചലനം അചലത തുടങ്ങിയ തരം തിരിച്ചറിവിൻ്റെ തലങ്ങൾ മുഴുവൻ ഈ സിനാക്സുകളിലാണ് നൂറോണിനെ പറ്റി പഠിക്കുമ്പോ വളരെ നിർണായകമായൊരു തലമായത് ഏതാണ്ട് പത്തിരട്ടി കണക്ഷനുകൾ നിയോക്കോട്ടക്സിൽ നിന്നും മസ്തിഷ്കത്തിന്റെ താഴ്ന്ന തലങ്ങളിലേക്കുണ്ട് അതിൽ വരുന്ന ഒരു ചിന്ത മതിയാവും എഴുന്നേൽക്കാതിരിക്കാൻ അല്ലാതെ വേറൊന്നും കണ്ട രാവിലെ എഴുന്നേറ്റ് ഒരു കാഴ്ച കാണുമ്പോൾ പഴയ ഒരു ഓർമ്മയുടെ പടലത്തിൽ നിന്ന് കണ്ട വസ്തുവിനെ അല്ലാതെ വേറൊന്നിനെ കണ്ടാൽ മതി ഇവൻ എഴുന്നേൽക്കുകയില്ല കണ്ടതൊന്ന് അച്ഛനും മകനും കൂടെ പട്ടിയെ കണ്ടു മകൻ എന്താ വീണു എഴുന്നേൽക്കുന്നില്ല ഇന്നലെ ആ പട്ടിയൊക്കെ പിടിച്ചോണ്ടിടന്ന പക്ഷേ ഇന്ന് പട്ടിയെ അത് വലത്വശത്തേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോൾ പണ്ട് വലത്വശത്തേക്ക് ചാഞ്ഞു നിന്ന ഇവന്റെ തന്നെ പൂർവ്വജനിതകങ്ങളിൽ ഒന്നിനെ ഇല്ലാതാക്കുവാൻ പര്യാപ്തമായ വേറൊരു ജീവിയുടെ സ്മരണയാണ് ഈ പട്ടിയുടെ സ്മരണയിൽ നിന്ന് വന്നതെങ്കിൽ ആ സ്മരണയിലാവൻ്റെ കാഴ്ച പട്ടിയെ അല്ല കാഴ്ച മുമ്പിൽ നിൽക്കുന്ന ഭാര്യയെ അടിക്കുമ്പോൾ അമ്മയെ ചിന്ത വിളിക്കുമ്പോൾ ഇവൻ എന്തിനാണ് എന്നെ ചീത്ത വിളിക്കുന്നതെന്ന് അമ്മയും ഇയാൾക്കെന്താ പ്രാന്ത് പിടിച്ചോ ഞാൻ എന്ത് ചെയ്തിട്ടാ ഇയാൾ രാവിലെ എന്നോട് ഈ കോവിച്ചു ഭാര്യയും ചിന്തിക്കുമ്പോൾ ആ കാഴ്ചയിൽ അവൻ അനേക ജന്മങ്ങൾക്ക് പുറകിലേക്കുള്ള സ്മരണയിലേക്ക് കടന്നുപോയി മറ്റൊരാളിനോടാണ് അവൻ സംവദിക്കുന്നത് മനസ്സിലായില്ല പിടിയിട്ടില്ല മനസ്സിലായില്ല രാവിലെ എഴുന്നേറ്റ് ഒരു കാരണവുമില്ല ഒരാൾ എഴുന്നേറ്റ് വന്ന് അടുക്കളയിലേക്ക് വന്നൊരു ഗ്ലാസ് ഇരിക്കുന്നത് എടുത്തൊരു ഏറും കൊടുത്ത് ഒരു ബെള്ളം ഉണ്ടാക്കി എല്ലാം തട്ടി തേർക്കുമ്പോൾ നിനക്ക് എന്താ പറ്റിയ പ്രാന്ത് പിടിച്ചോ നീ എന്ത് കണ്ടിട്ടായി വെള്ളം വെക്കുന്ന എന്നോടൊന്നും പറയണ്ട കേട്ടോ ഒന്നൂറ് ജീവൻ വിറച്ചു നിൽക്കുകയാണ് മുമ്പിൽ നിൽക്കുന്ന അമ്മയോടല്ല അവൻ വിറയ്ക്കുന്നത് മുമ്പിലിരിക്കുന്ന പാത്രങ്ങളോടല്ല ആ പാത്രത്തിന്റെ സ്വപ്നയിൽ നിന്ന് അവന്റെ സിനാസുകളിൽ ഒന്ന് പൂർവാനുഭവത്തിന്റെ സ്മരണയിലേക്ക് കടന്നുപോയി ആ ലോകങ്ങളിൽ അവനെ എത്തിച്ച ആ ലോകത്തായിപ്പോ അവൻ നിൽക്കുന്നത് മനസ്സിലായില്ല ഇവിടെ വൈദ്യനും വൈദ്യശാസ്ത്രവും അച്ഛനും അമ്മയും ബന്ധങ്ങളും ഒക്കെ എന്തർത്ഥം എവിടെ മനസ്സിലാകുന്നില്ല കുറെ കഴിഞ്ഞ് താഴ്ന്നു വരുമ്പോ നീ എന്തൊക്കെയാടാ പറഞ്ഞു ഞാൻ പറഞ്ഞോ ഞാനോ അവൈകാരിക വേലിയേറ്റത്തിൻ്റെ ലോകങ്ങളിൽ അവൻ വേറൊരു ലോകത്തേക്കാണ് ആനയിക്കപ്പെടുന്നത് അതവനെ പൂർവ്വസ്മൃതികളിൽ നിന്ന് എത്രയെത്ര രോഗങ്ങളിലേക്ക് എത്രയെത്ര നന്മകളിലേക്ക് എത്രയെത്ര ഉയരങ്ങളിലേക്ക് എത്രയെത്ര താഴ്ചകളിലേക്ക് ഒരേ സമയം കൊണ്ടുപോകാം ന്യൂറോണുകളുടെ ലോകം തുറന്നു കിട്ടുമ്പോൾ നാം അത്ഭുതപരബന്ത്രരായി പോവും ന്യൂറോ സയൻറ്റിസ്റ്റുകളിൽ നിന്ന് ഞെട്ടിത്തരിച്ചു നിൽക്കുന്നത് ഇവിടെയാണ് നൂതനമായ വൈദ്യശാസ്ത്രത്തിന്റെ മുഴുവൻ ആധാരശില ഏതൊരു മസ്തിഷ്കത്തില് ഊർധ മൂലമതശാഖം അശ്വദ്ധം പ്രാഹുരവ്യയം എന്ന തലത്തിൽ നടക്കുന്ന മനുഷ്യന്റെ ആ മസ്തിഷ്കത്തിനകത്തെ പ്രത്യേകതകളിലേക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല ഇത് പോയിരുന്നു വയ്യന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ വിരിയുന്നത് കാണാം ചില ഈ മത്താപ്പൊക്കെ കത്തിക്കുന്ന കണ്ടിട്ടുണ്ടാവും മത്താപ്പ് കണ്ടിട്ടുണ്ടാവൂല്ല മത്താപ്പെന്നല്ലേ പറയാ പിന്നെ വിരിഞ്ഞു വരുന്നത് കേട്ടിട്ടുണ്ടാവും വർണ്ണപ്രഭ അതുപോലെ ആ മസ്തിഷ്കത്തിൽ ചില ദൃശ്യങ്ങൾ വിരിഞ്ഞു വരുന്നത് ഒരു കാഴ്ച കണ്ടാൽ ഈ മസ്തിഷ്കത്തിലേക്ക് മുഴുവൻ അനന്തപ്രഭ ചരിഞ്ഞ് ഇപ്പൊ വിരിഞ്ഞു വരുമ്പോ ചില അവയവങ്ങൾ പിന്നെ അനങ്ങൂല ചെല്ലു പിന്നെ ഏറ്റവും നടക്കൂല ചെല്ലു പിന്നെ ഒരിടത്ത് ഇരിക്കില്ല നടന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ല നിങ്ങളെന്താ മനുഷ്യങ്ങനെ വരുക പോലാ നടക്കുന്നത് എവിടെ എങ്ങാനും വിരി രക്ഷയില്ല എപ്പോഴാണ് ഞാൻ അങ്ങനെയാകുന്നേ എപ്പോഴാണ് നിങ്ങളങ്ങനെയാകുന്നേ നോബിനോസ് കേൾക്കുമ്പോ ഒരു വിസ്മയം തോന്നുന്നില്ല ഏ നമ്മുടെ കരച്ചിലുകൾ നമ്മുടെ ചിരികൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സുഖങ്ങൾ ഇവയെല്ലാം അപ്പോ അവിടെയാണ് എങ്ങനെയാണ് ഈ ആറു പടലങ്ങളോടു കൂടിയ മസ്തിഷ്കതലം ആത്മബോധത്തെ ഉണർത്തുന്നത് അതെങ്ങനെയെന്ന് ഗവേഷകർക്ക് തന്നെ അറിയില്ല ദ സെൻസ് ഓഫ് സെൽഫ് മറ്റേ ആത്മബോധമല്ല ആത്മീയതയുടെ ആത്മബോധം എന്നല്ല ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ എൻ്റെ സെൽഫ് ഉണർത്തുന്നത് എപ്പോഴാണ് സംഘർഷത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് ബില്ല്യനുകൾ വരുന്ന വിശ്രദ്ധമായി വിശ്രദ്ധമായി യോജിപ്പിച്ചിട്ടുള്ള അയഞ്ഞു യോജിപ്പിച്ചിട്ടുള്ള നൂറോൺ യുഗ്മഗങ്ങൾ ലക്ഷ്യമുള്ള സ്വഭാവത്തിൽ മിന്നുന്നതെന്നും ഇന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾക്ക് റിഞ്ഞേക്കാം ഇന്നറിയില്ല അതുകൊണ്ടാ ഇന്നറിയില്ല എന്ന് പറഞ്ഞു അറിയാനുള്ള ശ്രമത്തിൽ അവർ കിടന്നും പിടിക്കണം ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവിന്റെ വാച്ചഴിച്ച് അപഗ്രദിക്കുന്നത് എങ്ങനെ ഇത് പഴയതുപോലെ കൂട്ടിച്ചേർക്കാം എങ്ങനെയാണ് ഇതിന്റെ സങ്കീർണത മനസ്സിലാക്കുക എങ്ങനെ അപഗ്രതനത്തിന്റെ വിവിധ ഘട്ടങ്ങളെ സമഗ്രമായി യോജിപ്പിച്ച് മനസ്സിലാക്കാം എന്നറിയാതെ അവരിന്ന് കുഴങ്ങുകയാണ് വാച്ച് ദൂരെ അരിക്കാത്ത ഒരു കുക്തി വാച്ചരിച്ചു വെച്ചാൽ കണ്ടിട്ടില്ല തിരിച്ച് പഴയപോലെ യോജിപ്പിക്കാൻ അവന് കരയാൻ യോജിക്കാൻ പറ്റാത്തതു അവിടെ നിൽക്കുന്നത് ഒരു ഭാഗത്ത് സ്വതന്ത്രമായ ബോധം ഫ്രീവിൽ സന്യാസിമാര് ധ്യാത്മികവാദികള് ഭൗതികവാദികൾ ഒക്കെ വാക്കുകൾ കൊണ്ട് ഒരുപാട് കസർത്ത് നടത്തുമ്പോൾ ഫ്രീ വില്ലിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയും ഒരു ഭാഗത്ത് ഈ നമ്മുടെ ബോധങ്ങളിൽ ചിലത് ബോധപൂർവമാണ് ചിലത് വളരെ കൂടുതലും അബോധപൂർവമാണ് അവിടെ എവിടെയാണ് ഈ ഫ്രീ മനസ്സിലായില്ല വാര്യ കഴിക്കുമ്പോൾ ഞാൻ ഫ്രീ വില്ലിലാണ് എനിക്കെൻ്റെ തീരുമാനങ്ങളൊക്കെ നയിക്കാൻ അറിയാം ആ ഫ്രീ ആ ഫ്രീ കൂടി ഒരു ഇന്റർവ്യൂവിൽ ഒരു ഇന്റർവ്യൂവറോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു കൊതുകിനെ തല്ലുന്നത് പോലും ഫ്രീ വില്ലിലല്ല അബോധത്തിലാണ് മനസ്സിലായില്ല അയാൾ ഇങ്ങനൊരു അടിയടിക്കുന്നത് അബോധപ്രക്രിയയിലാണ് ബോധപ്രക്രിയയിലല്ല യെക്കുറിച്ച് വളരെ ഗംഭീരമായി സ്വാമി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു കൊതുക് അടിക്കുന്നതെങ്കിൽ ആഞ്ഞൊരടിയടിക്കുമ്പോൾ ഇരിക്കുന്നവർ അറിയുന്നില്ല സ്വാമിക്ക് ഫ്രീവില് ഇല്ലെന്നും അഹിംസ താത്വികം മാത്രമാണെന്നും ഹിംസ അബോധത്തിന്റെ പ്രയോഗമാണെന്നും തിരിച്ചറിയുന്നില്ല പിന്നെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഏതെങ്കിലും പിള്ളേർ ഇത് കണ്ട് നിങ്ങളുടെ സ്വാമി ഇങ്ങനെ തല്ലുന്ന കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ഭക്തൻ അത് സ്വാമി കൊതുകിനെ തല്ലിയതല്ലെന്നോ അതിനൊരു താളമുണ്ടാക്കിയതാണെന്നോ പിന്നെ വ്യാഖ്യാതാവിന്റെ വിഷമം മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഇവൻ ഇവനെ പറഞ്ഞ് ഒരു തരത്തിലൊക്കെ ഒപ്പിച്ച് മനസ്സിലാക്കി അധികം വിഷമിപ്പിക്കേണ്ട ഭക്തതനെ എന്ന് വിചാരിച്ച് മറ്റവൻ ഒഴിഞ്ഞു മാറി കഴിയുമ്പോൾ ഭക്തൻ വേറൊരു ഭക്തനോട് പറയുന്ന ഒരു വ്യാഖ്യാനം എന്ത് ചെയ്യും അങ്ങേര്ക്ക് ആ സമയത്ത് തല്ലാൻ തോന്നിയുള്ളൂ നമ്മളിനിതെങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് തല്ലാതിരിക്കേണ്ട എന്ന ഇരട്ടത്താപ്പുള്ള വ്യാഖ്യാതാവിന്റെ വ്യാഖ്യാനങ്ങളും മനസ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ തപ്പിക്കൊണ്ട് വരുന്നത് അത് വരുമ്പോഴാണ് നമ്മൾ ആകെ വിഷമിക്കുന്നത് ബോധപ്രക്രിയയുടെ അനന്ത തലങ്ങൾ എടുത്താൽ അതിൽ മുക്കാലും ഫ്രീ വില്ലില്ലാത്ത അബോധത്തിന്റെ തലമാണ് അവിടെയാണ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ വില്ലുണ്ടാക്കി തരാമെന്നൊക്കെ ഞാനൊക്കെ പറഞ്ഞ് നിങ്ങളെ തലേം കുത്തി നിർത്തുന്നത് കുറെ നേരം നിന്നത് മിച്ചം ഇനിയും നിൽക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കഞ്ഞി അവിടെ നിങ്ങൾ തലയും കുത്തി നിൽക്കുന്നതൊന്നും നിർത്തണ്ട അത് പൂർണമായി നിൽക്കണം നിന്നാൽ അതിന്റെ പ്രയോജനമുണ്ട് കാരണം തലേം കുത്തി നിന്നു എന്നാ പറയുള്ളൂ ലോകം നേരെ നിൽക്കുമ്പോ നിങ്ങൾ കുറെ നേരമെങ്കിലും തലേം കുത്തി നിന്നല്ലോ അതുകൊണ്ട് ഒരു ഭാഗത്ത് സ്വതന്ത്രമായ ബോധം ഫ്രീ നമ്മുടെ സ്വഭാവങ്ങളിൽ ചിലത് ബോധപൂർവം ചിലത് അബോധപൂർവം വളരെ കൂടുതലും അബോധപൂർവം അഭയസകരമാം വിധം അബോധപൂർവമാണ് അങ്ങനെയാ ന്യൂറോണുകളുടെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്ന ആ ഒരു പദവ് ഉപയോഗിച്ചിരിക്കുന്നു നൊട്ടോറിയസിലി അൺകോൺഷ്യസ് മലയാളത്തിൽ പറയാവുന്ന ഒരു പദം മറ്റതായതുകൊണ്ട് അഭയസസ് കരമാവിധം അബോധമാണ് അതുകൊണ്ട് നാം തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളെല്ലാം നാം നടത്തുന്നുണ്ടെങ്കിലും സ്വതന്ത്രവും നിശ്ചയപൂർവകവുമായ തീരുമാനം പ്രായണ മഹാപണ്ഡിതന്മാരുടെ കാര്യത്തിൽ പോലും പ്രായണ മിഥ്യയാണ് ചെയ്ത് കഴിഞ്ഞ് വ്യാഖ്യാനിച്ചൊക്കെ ഭാഗ്യം കൊണ്ട് തീരുമാനാബോധത്തിലാണ് ജയിച്ചാൽ പിന്നെ വ്യാഖ്യാനിച്ച ഞാൻ നേരത്തെ തീരുമാനിച്ചാന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ നോക്കിയെങ്ങനെയാണ് അബോധപൂർവ് പോകുന്നത് അബോധപൂർവമാ ചെയ്യുന്നത് വിജയിച്ചാൽ നമ്മൾ നേരത്തെ ആലോചിച്ചെന്നും പന്ത്രണ്ട് കൊല്ലമായി ഇതിനു വേണ്ടി തപസ് ചെയ്തെന്നും പത്ത് കൊല്ലം ഇതിനെ കുറിച്ച് ആലോചിച്ചെന്നും ഇതിന്റെ കണക്കുകൾ കൃത്യമായി എഴുതി ഒക്കെ നമ്മൾ പറഞ്ഞൊപ്പിക്കുകയാണ് ഓരോ ഇഞ്ചും എടുത്തു നോക്കിയാൽ ഓരോ നമ്മുടെ പണിയിലും ഓരോ നമ്മുടെ ചിന്തയിലും അബോധത്തിൻ്റെതല്ലാത്ത കൂട്ടായ്മ വളരെ വിരളമാണ് ഇതും അറിഞ്ഞു വേണം നെർവുകളെയും അതുപോലെ തന്നെ ന്യൂറോണുകളെയും അതുപോലെ തന്നെ സിനാപ്സുകളെയും അവയിലുണ്ടാകുന്ന ഭാവചലനങ്ങളെയും അവ രൂപാന്തരപ്പെടുന്ന ക്യാൻസറിനെയും ഒക്കെ പഠിക്കാൻ അല്ലാതെ വെറുതെ ഒരു രോഗം അത് ബോധത്തിൽ ഒരു ക്യാൻസറാണ് എനിക്ക് എന്ന് അറിയുന്ന നിമിഷം മുതൽ എൻ്റെ സിനാപ്സിലുള്ള ഭാവതലങ്ങളും അബോധപ്രക്രിയയും ബോധപ്രക്രിയയും അളന്നു നോക്കിയാൽ കൂടുതൽ ബോധ്യാവും ഒരാളെ വിളിച്ചിട്ട് നിനക്ക് ക്യാൻസർ ആണെന്ന് ചുമ്മാന്ന് പറഞ്ഞു നോക്കുക ഒരു പരീക്ഷണവും നടത്താതെ ഒരു സംശയം അവനോട് മുഖത്ത് നോക്കി പറയുക അടുത്ത നിമിഷം മുതൽ അവൻ ക്ഷീണിക്കാൻ തുടങ്ങുമോക്കുക ഇല്ല ഇല്ല അവന്റെ ഉറക്കം കിടാൻ തുടങ്ങുമോന്ന് നോക്കുക ഇതി മനസ്സിലായത് വളരെ എളുപ്പമായത് അപ്പൊ ഒരു ഭാഗത്ത് സ്വതന്ത്രമായ നമ്മുടെ ബോധം എന്നൊക്കെ വിശ്വസിക്കുമ്പോൾ കൂടുതലും അബോധമാണ് അതുകൊണ്ട് ഏതൊക്കെ തലത്തിൽ ചിന്തിച്ചാലും ന്യൂറോളജിസ്റ്റുകളുടെ ന്യൂറോ വാക്കുകളിൽ ഈ അത്ഭുതങ്ങൾ ഭയാനകമായ തൊഴിൽ സുരക്ഷയുടേതാണെന്ന് പറഞ്ഞ അവർ നിർത്തിയിരിക്കുന്നത് ജോബ് സെക്യൂരിറ്റിയുടെ ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ആയുർവേദത്തിൻ്റെ പ്രാചീനതയിലേക്ക് കടന്നു ചെന്ന് മുമ്പ് പറഞ്ഞ രോഗങ്ങളെ ക്ലീഹോദരാദികളെയൊക്കെ കാണാൻ ഇപ്പോൾ കോശങ്ങളുടെ വിഭജനം അതിൽ ഫൈനൈറ്റ് സെൽ ഡബിളിങ് കപ്പാസിറ്റി അത് ഇൻ ഇൻ വിട്രോയിൽ അതനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫർട്ടിലൈസേഷൻ ഫീറ്റസ് ഫോർമേഷൻ തന്നെ then then maturity, then senescence and death. അതിലെ അവ സങ്കല്പത്തിന്റെ തലങ്ങൾ സെനസെൻസ് അർബുദം ഒരു സെനസെൻസ് പ്രോസസ് ആണ് അനേക ജന്മസംസി കോശസ്മൃതിയുടെ അന്തരാളങ്ങളിൽ അപജയത്തിന്റെ ആലിംഗനം സംഭവിക്കുന്നതാണത് നല്ല ഭാഷയിൽ പറഞ്ഞാൽ അത് രോഗിക്ക് അവന്റെ സ്വപ്ന ലോകങ്ങളിൽ സൗഖ്യമാണ് തരുന്നതെന്നും അവൻ്റെ ജാഗ്രത് ലോകങ്ങളിൽ എന്ത് വേദനകളാണ് തരുന്നതെന്നും സ്വപ്നത്തെയും ജാഗ്രത്തിനെയും വേർതിരിച്ചു വെച്ചും പഠിച്ചു ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മാറിയിരുന്ന് പരിചയക്കാരിലെ താൽപര്യമുള്ള ജലരുടെ സാന്നിധ്യത്തിലിരുന്ന് യാതൊരു വേദനയും ഇല്ലാതെ ചിരിയും കളിയുമായി അവരോട് ഈ രോഗത്തെക്കുറിച്ചും തൻ്റെ നിലയെക്കുറിച്ചും തൻ്റെ ബന്ധുക്കൾ വേദനിക്കുന്നതിനെക്കുറിച്ചും അല്ലാതെ തനിക്ക് യാതൊരു വേദനയും ഇല്ലെന്നതിനെക്കുറിച്ചും ഒക്കെ രോഗികൾ എപ്പോഴെങ്കിലും പറയാറുണ്ടായിരിക്കുമോ രോഗിയുമായി ചെല്ലുന്ന ബന്ധു രോഗിയെ വെളിയിലിരുത്തി ആദ്യത്തെ ഡയഗ്നോസിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയിട്ടുള്ളതും അധികകാലമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതും മറ്റൊരു ഡോക്ടറോട് പറയുമ്പോൾ പുറത്തിരിക്കുന്നയാൾ അറിയണ്ട ആ വിഷഗ്വരനോട് പറഞ്ഞ് അറിയിക്കണ്ട മരുന്ന് വല്ലതും എന്നൊക്കെ പറഞ്ഞ് മരുന്ന് എഴുതിച്ച് ആ ബന്ധു പുറത്തേക്ക് പോകുമ്പോൾ നീ പോയി മരുന്ന് വാങ്ങിക്ക് ഫാർമസിയിൽ നിന്ന് ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രോഗി ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറി ആ പിശക്കൂരനെ ഒറ്റയ്ക്ക് കണ്ട് എനിക്കറിയാമേലെന്നാണ് എൻ്റെ മക്കളുടെ വിശ്വാസം എനിക്കറിയാം ഇത് എന്ന് പറയുമ്പോൾ ആന്തരികമായി അറിഞ്ഞുകൊണ്ട് അറിയില്ലെന്ന് അവരോട് നടിക്കുന്ന ഒരു കള്ളനും മനസ്സിലായില്ല തൻ്റെ അച്ഛൻ അറിയില്ല അതുകൊണ്ട് അറിയിക്കണ്ട എന്ന അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുന്ന വേറൊരു കള്ളനും മനസ്സിലായില്ല ഈ രണ്ട് കള്ളന്മാരെ എങ്ങനെ ടാക്കിള് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു വിഷഗുരനും കണ്ടിമാജി മനസ്സിലാവില്ല അതിസങ്കീർണങ്ങളായ സാമൂഹിക സാംസ്കാരിക സാങ്കേതിക സമുച്ചയങ്ങളുടെ ലോകമാണ് കാണുമ്പോ വളരെ എളുപ്പമാണ് മനസിലായില്ല ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങളിൽ ചിലർക്ക് ബാധകവുമാണ് കഴിയുമ്പോൾ ശരിയാണ് ഈ സങ്കീർണതയാണ് പ്രശ്നം അതുകൊണ്ട് ചികിത്സാശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അവരിതിനെ കണ്ട രീതി ഇതിനെ വർഗീകരിച്ച രീതി ഇതിന്റെ നിദാനങ്ങളിൽ എത്തിച്ചേർന്ന രീതി ഇതിന്റെ സംപ്രാപ്തി വിവരണങ്ങളെ അവഗ്രഹിച്ച രീതി ഇതിനുള്ള ചികിത്സ നിശ്ചയിച്ച രീതി സമയം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് ഇന്ന് അവസാനിപ്പിക്കാം നാരായണം നമസ്കൃച്ച് നരം ചെയ്ത നരോത്തമ അമ്പരീം സരസ്വതി വ്യാസം ഹൃദോജയമുദീര ഹരിജീയോ